അധ്യായം പതിനഞ്ച് അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി ദൈവത്തിന്റെ പെട്ടകത്തിനായി ഒരു സ്ഥലമൊരുക്കി അതിനൊരു കൂടാരവും അടിച്ചു അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പട്ടകം ചുമക്കേണ്ടതല്ല അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമപ്പിനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ദാവീദ് യഹോവയുടെ പെട്ടകം താൻ അതിനൊരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ എല്ലാ ഇസ്രയേലിനെയും എരുഷലേമിൽ കൂട്ടിവരുത്തി ദാവീദ് അഹറുന്റെ പുത്രന്മാരെയും ലേവേരെയും കൂട്ടിവരുത്തി കെഹാതിരിൽ പ്രധാനിയായ ഊരിയലിനെയും അവന്റെ സഹോദരന്മാരായ നൂറ്റി ഇരുപത് പേരെയും മെരാരീരിൽ പ്രധാനിയായ അവന്റെ സഹോദരന്മാരായ യും ഗർഷോമീരിൽ പ്രധാനിയായ യോവേലിനെയും അവന്റെ സഹോദരൻമാരായ നൂറ്റിമുപ്പത് പേരെയും എലീസഫന്യരിൽ പ്രധാനിയായ ഷെമയ്യാവേയും അവന്റെ സഹോദരന്മാരായ ഇരുന്നൂറ് പേരെയും ഹെബ്രോന്യരിൽ പ്രധാനിയായ എലിയേലിനെയും അവന്റെ സഹോദരന്മാരായ എൺപത് പേരെയും ഉസിയേലിയരിൽ പ്രധാനിയായ അമീനാദാബിനെയും അവന്റെ സഹോദരന്മാരായ നൂറ്റി പന്ത്രണ്ട് പേരെയും തന്നെ ദാവീദ് പുരോഹിതന്മാരായ സാദോക്കിനെയും അബ്യാഥാരിനെയും ഊരിയേൽ അസായാവ് യോവേൽ ശമയ്യാവ് എലിയേൽ അമിനാദാദ് എന്നീ ലേവ്യരെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞത് നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ തലവന്മാരല്ലോ നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊൾവി ആദ്യ നിങ്ങൾ തന്നെ അത് ചെയ്യായികൊണ്ട് നമ്മുടെ ദൈവമായ ഹോവ നമുക്ക് ഛേദമുണ്ടാക്കി നാം അവനെ നിയമപ്രകാരമല്ലോ അന്വേഷിച്ചത് അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ഇസ്രയേലിന്റെ ദൈവമായ ഹോവയുടെ പെട്ടകം കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു േവ്യറുടെ പുത്രന്മാ യഹോവയുടെ വചനപ്രകാരം മോശ കൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിന്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ട് ചുമന്നു പിന്നെ ദാവീത് ലേവ്യറിലെ പ്രധാനന്മാരോട് വീണ കിന്നരം കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു അങ്ങനെ ലേവ്യർ യോവേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബേറഖ്യാവിന്റെ മകനായ ആസാഫിനെയും അവരുടെ സഹോദരന്മാരിൽ മരാരിൽ കുഷായാവിന്റെ മകനായെയും അവരോടുകൂടെ രണ്ടാം തരത്തിലെ തങ്ങളുടെ സഹോദരന്മാരായ സഖരിയാവ് ബേൻ യാസിയൽ ഷമീരാമോ യഹിയൽ ഉന്നി ഏലിയ ാവ് മയസെയാവ് മത്തിത്യാവ് എലിഫലേഹു മിക്നയാവ് ഒബേദേദോം യെയ്യേൽ എന്നിവരെ വാതിൽക്കാവൽക്കാരായും നിയമിച്ചു സംഗീതക്കാരായ ഹേമാനും ആസാഫും യെഥാനും താമ്രം കൊണ്ടുള്ള കൈത്താളങ്ങളെയും സെഖരിയാവ് അസിയേൽ ഷെമീരാമോദ് യഹിയേൽ ഉന്നി എലിയാബ് മയസെയാവ് ബനായാവ് എന്നിവർ അലാമോത്ത് രാഗത്തിൽ വീണകളെയും ധ്വനിപ്പിപ്പാനും മത്തിയാവ് എലിഫലേഹു മിക്കനയാവ് ഒബേതേദോം എഇഇൽ അസസ്യാവ് എന്നിവർ ഷെമിനീത് രാഗത്തിൽ കിന്നരം വായിപ്പാനും നിയമിക്കപ്പെട്ടിരുന്നു വാഹകന്മാരായ ലേവിരിൽ പ്രധാനിയായ കനന്യാവ് പെട്ടകം വഹിക്കുന്നതിന് മേൽവിചാരകനായിരുന്നു അവനതിൽ സമർത്ഥനായിരുന്നു ബേറഖ്യാവും എൽക്കാനയും പെട്ടകത്തിന് വാതിൽക്കാവൽക്കാർ ആയിരുന്നു ഷബന്യാവ് യോഷഫ് നൽ അമസായി ബനായാവ് എലയാസാർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിന്റെ പെട്ടകത്തിനു മുമ്പിൽ കാഹളമൂതി ഓബേതോമും എഹിയാവും പെട്ടകത്തിന് വാതിൽക്കാവൽക്കാർ ആയിരുന്നു ഇങ്ങനെ ദാവീതും ഇസ്രായേൽ മൂപ്പന്മാരും സഹസ്രാധിപന്മാരും യഹോവിയുടെ നിയമപ്പെട്ടകം ഓബെ ദേദോമിന്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ കൊണ്ടുവരുവാൻ പോയി യഹോവിയുടെ നിയമപ്പെട്ടകത്തിന്റെ വാഹകന്മാരായ ലേവ്യർക്ക് ദൈവം സഹായിച്ചതുകൊണ്ട് അവർ ഏഴ് കാളയെയും ഏഴ് ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു ദാവിദും പെട്ടകവാഹകന്മാരായ ലേവ്യറൊക്കെയും സംഗീതക്കാരും സംഗീതക്കാരോടുകൂടെ ്രമാണിയായ കനന്യാവും ഷണപടം കൊണ്ടുള്ള അങ്കിധരിച്ചു ദാവീദ് ക്ഷണം കൊണ്ടുള്ള യഫോദ്ധരിച്ചു അങ്ങനെ ഇസ്രയേലൊക്കെയും ആർപ്പോടും കാഹളനാഥത്തോടും തൂര്യങ്ങളുടെയും കൈത്താളങ്ങളുടെയും ധ്വനിയോടുകൂടി കിന്നരവും വീണയും വായിച്ചും യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുവന്നു എന്നാൽ യഹോവയുടെ നിയമപ്പെട്ടകം നഗരത്തിലെത്തിയപ്പോൾ ശൌലിന്റെ മകളായ മീഖൾ കിളിവാതിൽ കൂടി നോക്കി ദാവിദരാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കണ്ട് ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു